ധ്യായം പത്ത് യഹോവ പിന്നെയും മോശയോട് നീ പറവോന്റെ അടുക്കൽ ചെല്ലുക ഞാൻ അവന്റെ മുമ്പിൽ എന്റെ അടയാളങ്ങളെ ചെയ്യേണ്ടതിനും ഞാൻ മിശ്രയിമിൽ പ്രവർത്തിച്ച കാര്യങ്ങളും അവരുടെ ചെയ്ത അടയാളങ്ങളും നീ നിന്റെ പുത്രന്മാരോടും പൗത്രന്മാരോടും വിവരിക്കേണ്ടതിനും ഞാൻ യഹോവയാകുന്നു എന്ന് നിങ്ങളറിയേണ്ടതിനും ഞാൻ അവന്റെയും ഭൃത്യന്മാരുടെയും ഹൃദയം കഠിനമാക്കിയിരിക്കുന്നു എന്ന് കൽപ്പിച്ചു അങ്ങനെ മോശയും അഹരോനും പറവന്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞതെന്തെന്നാൽ യായരുടെ ദൈവമായ എ ഹോവ ഇപ്രകാരം അരുളിച്ചീയ്യുന്നു എന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തുവാൻ എത്രത്തോളം നിനക്ക് മനസ്സില്ലാതിരിക്കും എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക എന്റെ ജനത്തെ വിട്ടയപ്പാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ നാളെ നിന്റെ രാജ്യത്ത് വെട്ടുക്കിളിയെ വരുത്തും നിലം കാൺമാൻ വഹിയാതെ അവ ഭൂതലത്തെ മൂടുകയും കൽമഴയിൽ നശിക്കാതെ ശേഷിച്ചിരിക്കുന്നതും പറമ്പിൽ തളിർത്ത് വളരുന്ന സകലവൃക്ഷവും തിന്നുകളുകയും ചെയ്യും നിന്റെ ഗ്രഹങ്ങളും നി സകല ഭൃത്യന്മാരുടെയും സകല മിശ്രീമ്യരുടെയും വീടുകളും അതുകൊണ്ട് നിറയും നിന്റെ പിതാക്കന്മാരെങ്കിലും പിതൃ പിതാക്കന്മാരെങ്കിലും ഭൂമിയിൽ ഇരുന്ന കാലം മുതൽ ഇന്നുവരെയും അങ്ങനെയുള്ളത് കണ്ടിട്ടില്ല പിന്നെ അവൻ തിരിഞ്ഞ് ഫറവോന്റെ അടുക്കൽ നിന്ന് പോയി അപ്പോൾ ഭൃത്യന്മാർ ഭറവോനോട് എത്രത്തോളം ഇവൻ നമുക്ക് കണിയായിരിക്കും ആ മനുഷ്യരെ തങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിക്കേണ്ടതിന് വിട്ടയക്കണം മിശ്രയും നശിച്ചു എന്ന് ഇപ്പോഴും നീ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു അപ്പോൾ ഫറവോൻ മോശയേയും അഹരോനെയും വീണ്ടും വരുത്തി അവരോട് നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിപ്പീൻ എന്നാൽ പോകേണ്ടുന്നവർ ആരല്ല എന്ന് ചോദിച്ചതിന് മോശ ഞങ്ങൾക്ക് ഈ ഹോവിയുടെ ഞങ്ങൾ ഞങ്ങളുടെ ബാലന്മാരും വൃദ്ധന്മാരും പുത്രന്മാരും പുത്രിമാരുമായി പോകും ഞങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും കൂടെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു അവനവരോട് ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞോ കുട്ടികളെയും വിട്ടയച്ചാൽ യഹോവ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ നോക്കുവീൻ ദോഷമാകുന്നു നിങ്ങളുടെ അന്തരം അങ്ങനെയല്ല നിങ്ങൾ പുരുഷന്മാർ പോയി യഹോവയെ ആരാധിച്ചു ഇതല്ലോ നിങ്ങൾ അപേക്ഷിച്ചത് എന്നു പറഞ്ഞ് അവരെ പറവോന്റെ സന്നദ്ധിയിൽ നിന്ന് ആട്ടിക്കളഞ്ഞു അപ്പോൾ യഹോവ മോശയോട് നിലത്തിലെ സകല സസ്യാദികളും കൽമഴയിൽ ശിച്ചതൊക്കെയും തിന്നുകളയേണ്ടതിന് വെട്ടുക്കിളി മിശ്രയും ദേശത്ത് വരുവാൻ നിന്റെ കൈ ദേശത്തിന്മേൽ നീട്ടുക എന്നു പറഞ്ഞു അങ്ങനെ മോശ തന്റെ വടി മിശ്രയും ദേശത്തിന്മേൽ നീട്ടി യഹോവ അന്നു പകൽ മുഴുവനും രാത്രി മുഴുവനും ദേശത്തിന്മേൽ കിഴക്കൻ കാറ്റ് അടിപ്പിച്ചു പ്രഭാതമായപ്പോൾ കിഴക്കൻ കാട്ട് വെട്ടുക്കിളിയെ കൊണ്ടുവന്നു വെട്ടുക്കിളി മിസ്രയും ദേശത്തൊക്കെയും വന്ന് മിസ്രീമിന്റെ അതിർക്കകത്തൊക്കെയും അനവധിയായി വീണു അതുപോലെ ഉണ്ടായിട്ടില്ല ഇനി അതുപോലെ അത് ഭൂതലത്തെയൊക്കെയും മൂടി ദേശമതിനാൽ ഇരുണ്ടുപോയി കൽമഴയിൽ ശേഷിച്ചതായി നിലത്തിലെ സകല സസ്യവും വൃക്ഷങ്ങളുടെ സകല ഫലവും അത് തിന്നുകളഞ്ഞു മിശ്രയും ദേശത്തെങ്ങും വൃക്ഷങ്ങളിലാകട്ടെ നിലത്തിലെ സസ്യത്തിലാകട്ടെ പച്ചയായതൊന്നും ശേഷിച്ചില്ല പറവോൻ മോശയേയും അഹരോനെയും വേഗത്തിൽ വിളിപ്പിച്ചു നിങ്ങളുടെ ദൈവമായ യഹോവയോടും നിങ്ങളോടും ഞാൻ പാപം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഈ പ്രാവിശം മാത്രം നീ എന്റെ പാപം ക്ഷമിച്ച് ഈ ഒരു മരണം എന്നെ വിട്ടുനീങ്ങുവാൻ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിപ്പീൻ എന്നു പറഞ്ഞു അവൻ പറവന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് യഹോവയോട് പ്രാർത്ഥിച്ചു യഹോവ മഹാശക്തിയുള്ളൊരു പടിഞ്ഞാറൻ കാറ്റ് അടിപ്പിച്ചു അത് വെട്ടിക്കിളിയെ എടുത്ത് ചെങ്കടലിൽ ഇട്ടുകളഞ്ഞു മിശ്രയും രാജ്യത്തെങ്ങും ഒരു വെട്ടിക്കിളി പോലും ശേഷിച്ചില്ല എന്നാൽ യഹോവ പാറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി അവൻ മക്കളെ വിട്ടയച്ചതുമില്ല അപ്പോൾ യഹോവ മോശയോട് മിശ്രയും ദേശത്ത് സ്പർശിക്കത്തക്ക ഇരുൾ നിന്റെ കൈ എന്ന് കൽപ്പിച്ചു മോശ തന്റെ കൈ ആകാശത്തേക്ക് നീട്ടി മിശ്രയും ദേശത്തൊക്കെയും മൂന്ന് ദിവസത്തേക്ക് കൂരിട്ടുണ്ടായി മൂന്ന് ദിവസത്തേക്ക് ഒരുത്തനെ ഒരുത്തൻ കണ്ടില്ല ഒരുത്തനും തന്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല എന്നാൽ ഇസ്രയേൽ മക്കൾക്ക് എല്ലാവർക്കും തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു അപ്പോൾ ഫർവോൺ മോശയെ വിളിപ്പിച്ചു നിങ്ങൾ പോയി യഹോവയെ ആരാധിപ്പീൻ നിങ്ങളുടെ ആടുകളും കന്നുകാലികളും മാത്രം ഇങ് നിൽക്കട്ടെ നിങ്ങളുടെ കുഞ്ഞു കുട്ടികളും നിങ്ങളോടുകൂടെ പോരട്ടെ എന്ന് പറഞ്ഞു അതിന് മോശ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് അർപ്പിക്കേണ്ടതിന് യാഗങ്ങൾക്കും സർവാംഗ ഹോമങ്ങൾക്കും വേണ്ടി മൃഗങ്ങളെയും നീ ഞങ്ങൾക്ക് തരണം ഞങ്ങളുടെ മൃഗങ്ങളും കൂടെ പോരേണം ഒരു കുളമ്പു പോലും പിമ്പിൽ ശേഷിച്ചുകൂടാ ഞങ്ങളുടെ ദൈവമായ ഹോവയെ ആരാധിക്കേണ്ടതിന് അതിൽ നിന്നല്ലോ ഞങ്ങളെടുക്കേണ്ടത് ഏതിനെ അർപ്പിച്ചു യഹോവയെ ആരാധിക്കണമെന്ന് അവിടെ എത്തുവോളം ഞങ്ങൾ അറിയുന്നില്ല എന്നാൽ യഹോവ പറവോന്റെ ഹൃദയം കഠിനമാക്കി അവരെ വിട്ടയപ്പാൻ അവന് മനസ്സായില്ല പറവോൻ അവനോട് എന്റെ അടുക്കൽ നിന്ന് പോക ഇനി എന്റെ മുഖം കാണാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക മുഖം കാണുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞതിന് മോശ നീ പറഞ്ഞതുപോലെ ആകട്ടെ ഞാനിനി നിന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞു